പിന്നീട് നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം തെരഞ്ഞെടുത്തവർക്ക് ഈ ഗ്രന്ഥം അവകാശമായി നൽകി അവരിൽ ചിലർ സ്വന്തം ശരീരത്തിന് ദ്രോഹം ചെയ്യുന്നവരും ചിലർ മിതമായി പ്രവർത്തിക്കുന്നവരും ചിലർ അള്ളാഹു സുഹാനഹുവ ചഅലായുടെ അനുമതിയോടെ നന്മകളിൽ മുന്നിട്ടു നിൽക്കുന്നവരുമാണ് അതാണ് വലിയ അനുഗ്രഹം